അള്ളാഹു സുബാനഹുവ ഛായാലായി സ്മരിക്കുന്നതിൽ നിന്നും നമസ്കാരം നിർവഹിക്കുന്നതിൽ നിന്നും ജക്കാത്ത് നൽകുന്നതിൽ നിന്നും കച്ചവടമോ വിൽപ്പനയോ തടയാത്ത പുരുഷന്മാർ അവിടെയുണ്ട് ഹൃദയങ്ങളും ദൃഷ്ടികളും വിറകൊള്ളുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നു